എല്ലാവർക്കും എൻ്റെ പ്രണാമം നമ്മുടെ ഈ ഗീത ക്ലാസ്സുകളുടെ എല്ലാം സി ഈ കഴിഞ്ഞ ക്ലാസ് വരെ ഉള്ള അതിന് മുൻപൊക്കെ പല ക്ലാസ്സുകളും കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒക്കെ ഇവിടെ ബാബു സാറ് തയ്യാറാക്കിയിട്ടുണ്ട് എന്തോ വീഡിയോ സി അല്ലേ സി ഡി പിന്നെ ആ ഡി എല്ലാ വിധത്തിലുള്ളതുമുണ്ട് കഴിഞ്ഞ് ബാബു സാറിനെ സമീപിച്ചാൽ അതൊക്കെ കിട്ടുന്നതാണ് ആവശ്യമുള്ളവർക്ക് നമ്മളിന്ന് അഞ്ചാം അദ്ധ്യായം സന്യാസത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് സന്യാസം ന്യാസപദത്തിന് ബ്രഹ്മം എന്നു തന്നെ അർത്ഥമുണ്ട് ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന ന്യാസം ബ്രഹ്മം തന്നെ അപ്പോൾ സന്യാസം എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ ബ്രഹ്മത്തെ ഉറപ്പിക്കൽ ഇതാണ് സന്യാസം ബ്രഹ്മത്ത് വേണ്ട പോലെ ഉറപ്പിക്കൽ എന്താണ് ബ്രഹ്മമാണ് ഈ കാണുന്നതൊക്കെ ബ്രഹ്മമല്ലാതെ അതായത് ബോധം ബോധമല്ലാതെ രണ്ടാമതൊരു വസ്തു ഇവിടെ ഇല്ല നേഹ മാനാസ്തി കിഞ്ചന ലേശം പോലും പലതില്ല ഇപ്പം കാണുന്നതൊക്കെ ബ്രഹ്മം ബ്രഹ്മത്തെ വേണ്ട പോലെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മേശയിൽ ബ്രഹ്മത്തെ ഉറപ്പിക്കുക അപ്പോൾ എന്താ ഗുണം മേശയില്ല പിന്നെ പിന്നെ മേശയില്ല പിന്നെ ഉള്ളത് ബ്രഹ്മം നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ജ്ഞാനം കൊണ്ട് ഇത് സാധിക്കാം ബോധമുണ്ടോ േശയുണ്ട് ഈ പ്രപഞ്ചം ഉണ്ട് ബോധമില്ലേ പ്രപഞ്ചം ഇല്ല അതുകൊണ്ട് പ്രപഞ്ചമായി കാണുന്നതൊക്കെ ബോധം അഥവാ ബ്രഹ്മം ഇതാർക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല ആർക്കും അപ്പോൾ കാണുന്നതിലൊക്കെ സന്യാസം എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ ്രഹ്മത്തെ ഉറപ്പിക്കുക സങ്കല്പങ്ങൾ ഉപേക്ഷിച്ചതാണ് സന്യാസം അടുത്ത അധ്യായത്തിൽ ആരംഭത്തിൽ തന്നെ ഭഗവാൻ പറയുന്നു അർജുന എം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യസന്യസ്തസങ്കൽപ്പവും യോഗീ ഭവതി കസ്റ്റന അർജുന സന്യാസമെന്ന് പറയുന്നത് തന്നെയാണ് യോഗം യോഗം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ സമനല്ല ഇതൊക്കെ ഈ പദങ്ങളൊക്കെ കേൾക്കുമ്പോൾ തെറ്റിപ്പോകാതെ അതിൻ്റെ വ്യക്തമായ ആശയം ഉള്ളിൽ ധരിക്കണം യോഗം എന്ന് പറഞ്ഞ് പലതും പലരും പറയുന്നുണ്ട് പക്ഷെ ഗീതയുടെ യോഗമെന്താ മനസ്സിൻ്റെ സമനല്ല സിദ്ധ്യ അസിദ്ധ്യോ സമഭുക്വ സമത്വം യോഗ മനസ്സിൻ്റെ സമനല്ല പൂർണ്ണമാകുന്നത് തന്നെയാണ് ബ്രഹ്മാനുഭവം അതും ഗീത തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ സന്യാസം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ ബ്രഹ്മത്തിൻ്റെ സ്ഥിതി വേണ്ട പോലെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്തിനെയൊക്കെ കാണുന്നുവോ അതൊക്കെ ബ്രഹ്മമാണ് എന്തുകൊണ്ട് ബോധമാണ് ബ്രഹ്മം ബോധമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ കാണപ്പെടുന്നത് ഇതോർമ്മിക്കുക അതാണ് സന്യാസം എം സന്യാസമിതി പ്രാഹു അർജുനൻ എന്തിനെയാണോ സന്യാസമെന്ന് പറയുന്നത് തം യോഗം വിധി പാണ്ഡവ അതു തന്നെയാണ് യോഗം യോഗമെന്ന് വെച്ചാൽ മനസ്സിൻ്റെ പൂർണ്ണമായ സമനില മനസ്സിൻ്റെ പൂർണ്ണമായ സമനിലയും ്രഹ്മാനുഭവവും ഒന്ന് ബ്രഹ്മാനുഭവം വരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് സമനില വിടാതെ നിൽക്കുന്നു എന്നർത്ഥം അപ്പോൾ അർജുന എന്തിനാണോ സന്യാസമെന്ന് പറയുന്നത് തം യോഗം മിഥി അതിനെ തന്നെ യോഗമെന്നും അറിഞ്ഞോളൂ നഹ്യസന്യസ്തസങ്കൽപ്പവും യോഗി ഭവതി കസ്റ്റന സങ്കല്പങ്ങളെ ആരാണോ സന്യസിക്കാത്തത് ഇവിടെ പലരും ധരിക്കുന്നത് സന്യാസിക്കുക എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളെയൊക്കെ ഒഴിച്ചു മാറ്റുക ഒന്നും എളുപ്പമല്ല നിരവറിച്ച് വരുന്ന സങ്കല്പങ്ങളെയൊക്കെ മേശയുടെ സങ്കല്പം ഒന്നും ബ്രഹ്മമാണെന്ന് ഉറപ്പിക്കുക അപ്പം മേശയെന്ന സങ്കല്പം ഇല്ല പോയി തീർച്ചയല്ലേ അങ്ങനെ സങ്കല്പങ്ങളെ ആരും സന്യാസിക്കുന്നില്ലയോ അയാൾ ഒരിക്കലും യോഗിയാകുന്നില്ല ഇതൊക്കെ വ്യക്തമായിട്ട് ധരിച്ചു വെച്ചോളുക ഭഗവാൻ പറയുന്നതാണ് അല്ല ചുമ്മാ യോഗിയാണ് അതാണ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് പക്ഷെ കൃഷ്ണൻ ഗീതയിൽ എന്തിനെയാണ് യോഗമെന്ന് പറയുന്നത് എന്തിനാണ് സന്യാസമെന്ന് പറയുന്നത് ഇതെല്ലാം വ്യക്തമായി ധരിച്ചു വയ്ക്കുക മഹ്യ അസന്യാസ്ത സങ്കല്പോ സങ്കല്പങ്ങളെ സന്യസിക്കാത്ത ആള് സന്യസിക്കുക എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക എന്ന് സാധാരണ അർത്ഥം പറയാറുണ്ട് വിരോധമില്ല പക്ഷേ എങ്ങനെ ഉപേക്ഷിക്കും വെറുതെ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കാമെന്ന് വെച്ചാൽ സങ്കല്പം പോവില്ല അതല്ലേ അതൊക്കെ ഉപേക്ഷിച്ച് നോക്കി അവർക്കറിയാം നിലവേർത്ത് എന്ത് സങ്കല്പം വന്നാലും അത് ബ്രഹ്മമാണ് എന്ന് ഓർമ്മിച്ചാൽ മേശയുടെ സങ്കല്പം മേശ ബ്രഹ്മമാണ് എന്നോർമ്മിച്ചാൽ മേശ എന്ന സങ്കല്പം പോയി പിന്നെന്താണ് ബ്രഹ്മം നഹ്യസന്യസ്ത സങ്കല്പമോ അങ്ങനെ സങ്കല്പങ്ങളെ സന്യസിക്കാത്ത ഒരാൾ ഒരിക്കലും നഹി യോഗീഭവതി യോഗിയായിത്തീരുന്നില്ല ഇത് അടുത്ത അധ്യായത്തിൽ ആറാം അധ്യായത്തിൻ്റെ ആദ്യം ഭഗവാൻ അർജുനനോട് പറയുന്നതാണ് അഞ്ചാമധ്യായത്തിൽ അർജുനൊരു ചോദ്യം ചോദിക്കുന്നു അങ്ങ് സന്യാസത്തെക്കുറിച്ച് പറയുന്നു പിന്നെ കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു ഭഗവാനെ ഇതിലേതാശരി രണ്ടും കൂടെ ഇങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ശരിയായോ ഒന്ന് പറയൂ എനിക്ക് പരമസത്യത്തിലെത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരെണ്ണം ഇതിൽ അത് കർമ്മയോഗവും സന്യാസവും ഇതിലേതാണ് ഭഗവാൻ പറഞ്ഞു അർജുന അങ്ങനെ ഒന്നും സംശയിക്കണ്ട ഇത് രണ്ടും ആ പരമസത്യത്തിലെത്തിക്കുന്ന കാര്യം തന്നെയാണ് സന്യാസ കർമ്മയോഗ സന്യാസവും കർമ്മയോഗവും നിസ്്രേയസകര ഉപവ് രണ്ടും മോക്ഷത്തിലെത്തിക്കും നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നു കർമ്മയോഗത്തെയും സന്യാസത്തെയും തെറ്റിദ്ധരിക്കുന്നു യോഗമില്ലാതെ സന്യാസമില്ല സന്യാസം ഉറപ്പായാൽ അതുതന്നെയാണ് ആ മനസ്സ് പിന്നെ അവിടുന്ന് തെറ്റുന്നില്ല അതുതന്നെ യോഗം എല്ലാം ബ്രഹ്മമാണ് ഇതൊന്നും പ്രയാസമുള്ള കാര്യങ്ങളല്ല ഈ മേശകുണ്ടായത് ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കുന്നത് പ്രയാസമാണോ മനസ്സില്ലാത്തവർക്ക് പ്രയാസമാണ് എനിക്ക് ഓർമ്മിക്കാൻ മനസ്സില്ല അങ്ങനെയല്ല സത്യം കാണണം ഇവിടെ ഒരൊറ്റ സത്യനേ ഉള്ളൂ വ്യവസായാത്മിക ബുദ്ധിരേഖ ആരുകൃഷ്ണൻ തന്നെ പറയുന്നു സത്യനിശ്ചയം വന്ന ബുദ്ധി ഒന്നു മാത്രം രണ്ട് ബുദ്ധിയില്ല നിങ്ങൾക്ക് സത്യം ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ ഇത് ഉറപ്പിക്കൂ സർവം ബ്രഹ്മമായ അതുകൊണ്ട് സന്യാ അർജുന കർമ്മയോഗവും സന്യാസവും കറഞ്ഞാൽ കർമ്മൾ യോഗം അഭ്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക ഇതൊക്കെ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ധരിച്ചിരിക്കുന്നത് കർമ്മയോഗം എന്ന് വെച്ചാൽ മരണം വരെ കർമ്മം ചെയ്യുക മരിക്കാൻ അത് കർമ്മഭ്രാന്താണ് ഒരു തരം ജീവിതത്തിന് ഒരു സ്വസ്ഥതയും കൊടുക്കില്ല ചില സാമൂഹ്യ പ്രവർത്തകരെയും അങ്ങനെയുള്ള ആളുകളിലുമൊക്കെ മരണാനന്തരം അവരെ പ്രകീർത്തിക്കുമ്പോൾ ഇദ്ദേഹം വലിയ കർമ്മയോഗിയായിരുന്നു വാസ്തു അദ്ദേഹത്തിന് തത്വചിന്തയുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല സമൂഹത്തിൽ കുറച്ചൊക്കെ ചെയ്തു അപ്പം പറയേണ്ടത് അദ്ദേഹം കർമ്മയോഗി ആയിരുന്നു എന്നല്ല കർമ്മഭ്രാന്തനായിരുന്നു എന്ന് വേണം പറയാൻ കർമ്മഭ്രാന്ത അതിരറ്റ ദുഃഖമുളവാക്കും അവസാനം എന്നുവെച്ചാൽ ചെയ്തതൊന്നും മതിയായില്ല അതുകൊണ്ട് ലോകമോട്ട് സമൂഹം ഒട്ട് വിചാരിച്ച പോലെ നന്നായതുമില്ല ആകെ പരിഭ്രാന്തനായി മരിക്കുന്നു നേരെ കുറച്ചൊരു കർമ്മയോഗിയോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയോ ഭേത്തന്നെ സമനില അഭ്യസിച്ചു ഒടുവിൽ ആ സമനില ബ്രഹ്മാനുഭവത്തിന് വഴിതെളിച്ചു സന്യാസം ബ്രഹ്മാനുഭവം വന്നാലോ അതിലൊറ്റ ആനന്ദം എന്തെങ്കിലും ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി കർമ്മം ചെയ്താലും ഇല്ലെങ്കിലും ആനന്ദം വേണമെങ്കിൽ കർമ്മം ചെയ്യാൻ ശരീരമുണ്ട് അല്ലെങ്കിൽ കർമ്മമേ ചെയ്യുന്നില്ല അപ്പോഴും ആനന്ദം ഇത് ഒരാളിനെ കണ്ട് ഇതാണല്ലോ സന്യാസം എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ഓരോരുത്തരുടെയും ശരീരയാത്ര ഓരോ തരത്തിലാണ് അത് അവരേത് പ്രാരബ്ധിന്തകളും കൊണ്ടുവന്നോ അതനുസരിച്ചാണ് ഭ്രമണമഹർഷിയെ കണ്ടിട്ട് അദ്ദേഹം നല്ല കാലത്തു പോൽ ഒരിടത്തി ഇരിക്കാമായിരുന്നു കർമ്മമൊന്നും ചെയ്യാൻ പോയില്ല അപ്പോൾ ശരിക്കുള്ള ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ രമണമഹർഷി എപ്പോലെ ഇരിക്കണം അങ്ങേറ്റത്തെ തെറ്റിദ്ധാരണയാണ് നമ്മൾ ഭാഗവതത്തിലും മറ്റും എത്ര രാജർഷിമാരാണ് ജനകനും മറ്റും ഗംഭീരമായ കർമ്മം പക്ഷേ വിട്ടുവീഴ്ചയില്ലാത്ത സമനല്ല അതാണ് മനസ്സിൻ്റെ സമനല്ല ജനകൻ ഋഷഭൻ ഭരതൻ തുടങ്ങിയ ചക്രവർത്തിമാർ അവർ ഈ ലോകത്തോളൊന്നും വേണ്ടെന്ന് വെച്ചില്ല പക്ഷേ അംബരീഷൻ ഇവിടെ തന്നെ നോക്കണം അംബരീഷൻ അംബരീഷനും ദുർവാസാവും ഉണ്ട് കഥ അറിയാനുള്ള എല്ലാവർക്കും ഭാഗ ഭാഗത്തിലെ കഥ അംബരീഷനെ അംബരീഷൻ ദുർവാസാവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു അദ്ദേഹം കുളിക്കാൻ പോയി പക്ഷേ അദ്ദേഹം കുളി കഴിഞ്ഞു വരുന്നതിന് മുൻപ് അത്യാവശ്യമായ ഒരു ചടങ്ങ് നിർവഹിക്കാനുണ്ടായിരുന്നതുകൊണ്ട് അംബരീഷൻ ഭക്ഷണം കഴിച്ചില്ല ഒരു തുള്ളി വെള്ളം കുടിച്ച് അത് നിർവഹിച്ചു ദുർവാസാവ് വന്നപ്പോൾ ദുർവാസാവ് ഇങ്ങനെ ഉച്ചത്തിൽ ശിവനാമം ഉച്ചരിച്ച് കോലാഹലായി വരികയാണെങ്കിൽ അംബരീഷൻ വെള്ളം കുടിച്ചു എന്നറിഞ്ഞു എന്താ ദുർവാസവാക വിറച്ചു കോപം കൊണ്ട് വറച്ചു ഭാഗവതത്തിലെ കഥയല്ലേ തൻ്റെ ഒരു ജഡ എടുത്ത് തറയിൽ അടിച്ചൊരു കൃത്യയെ ഉണ്ടാക്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോപം എന്തുമാത്രമെന്ന് നോക്കണം കാര്യമെന്താ ഒരു തുള്ളി വെള്ളം കുടിച്ചു എന്താ ഒരു തുള്ളി വെള്ളമല്ല അദ്ദേഹം ഒരു വിള ചോറ് എന്നാ ഉണ്ടെന്നിരിക്കട്ടെ ഇയാൾക്ക് ഇത്ര ദേഷ്യം വരെ എന്നല്ല കാര്യമാണോ ദുർവാസാവിന് ഇവിടെ ആലോചിക്കണം ഇത് ഭാഗവത്തിലുള്ള കഥയാണ് പറഞ്ഞു കൃത്തിക വാൾ മുങ്ങി അംബരീക്ഷനെ കൊല്ലാനായിട്ട് ചെല്ലുകയാണ് അംബരീക്ഷൻ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ലെന്നാണ് ഭാഗവതം പറയുന്നത് ചിരിച്ചുകൊണ്ട് കൃത്തിക വരുന്നത് ഉണ്ടിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു പക്ഷേ അംബരീഷനെ അംബരീഷൻ്റെ സമനില യോഗം ഭംഗിയായി അറിയാവുന്നതുകൊണ്ട് ഭഗവാൻ അങ്ങനെയുള്ള യോഗികൾക്ക് പണ്ട് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട് അത് ഭഗവാൻ പുതുതായി നൽകുന്ന ആനുകൂല്യമൊന്നുമല്ല അവരുടെ കാര്യം ഞാൻ നോക്കും ഞാൻ വെച്ചാൽ കാലം കാലം അവർക്ക് അനുകൂലമായിരിക്കും ചെള്ളി ചോദിക്കാറുണ്ടേ സാറേ ഈ സമനില എന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ കൊല്ലാൻ വരികയാണ് അപ്പോൾ ചെറുതെ സമനിലയെന്ന് പറഞ്ഞ് അങ്ങനെ നിന്നുകൊടുത്താലോ അല്ല സമനില പൂർണ്ണമായിട്ടുണ്ടോ ആയിട്ടു ചോദിക്കുന്ന ആളിനെ എങ്കിലദ്ദേഹം ഒരിക്കലും ഇത് ചോദിക്കുന്നില്ല ചോദിക്കില്ല എന്തുകൊണ്ട് സമനില പൂർണ്ണമായ ആളിന്ന് ഞാൻ മരിക്കുന്നില്ല എനിക്ക് മരണം ഇല്ല എന്ന് സൂര്യതുല്യ അനുഭവമാണ് അദ്ദേഹം ചോദിക്കുമോ ഒരാൾ എന്നെ കൊല്ലാൻ വരുന്നത് എന്നെ കൊല്ലാൻ ആർക്കാ കഴിയുക സമനില ഉറപ്പുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കൊല്ലാൻ ആർക്കാണ് കഴിയുക അദ്ദേഹം സാക്ഷാൽ പരബ്രഹ്മവസ്തു പരബ്രഹ്മം അദ്ദേഹത്തെ കൊല്ലാനൊന്നും ആർക്കും സാധ്യമല്ല ആ രീതിയിലും അദ്ദേഹത്തിന് ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ അതല്ലാതെ തന്നെ ആ ശരീരം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കാലരൂപിയായ ഭഗവാൻ അതിൽ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആളും വന്നെത്തും ഇതാ ഭഗവാൻ നേരത്തെ ചക്രായുധത്തോട് ചക്രത്തോട് പറഞ്ഞിരുന്നു എടോ അംബരീഷൻ എൻ്റെ അതിരട്ട ഭക്തനാണ് അദ്ദേഹത്തെ എപ്പോഴും നോക്കിക്കോളണം അംബരീഷൻ അറിയുന്നില്ല പാപത്ത് വന്നാലും നോക്കിക്കൊള്ളണം അപ്പോൾ ദുർവാസാവിൻ്റെ കൃത്യക ആ ഭാഗവതം വായിച്ചു നോക്കണം കൃത്യം കൂടെ നടന്ന് ചെന്നപ്പോൾ ഭൂമി പോലും കിടുകിട നിറച്ചു എന്നാണ് ഭാഗവത്തിൽ പക്ഷേ അംബരീഷൻ പറച്ചില്ല അംബരീഷൻ നല്ല ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പെട്ടെന്ന് അപ്പോഴേക്കും ചക്രം പ്രത്യക്ഷപ്പെട്ടു കൃത്തികയുടെ കയ്യിൽ നിന്നും വാൾ പിടിച്ചു വാങ്ങി കൃത്തികയെ വധിച്ചു എന്നിട്ട് ചക്രം ദുർവാസാവിൻ്റെ നേർക്ക് തിരിഞ്ഞു ദുർവാസാവ് പ്രാണനം കൊണ്ടോടി ആ കഥ ഒക്കെ പിന്നെ വായിച്ച് നോക്കിക്കൊള്ളുക എവിടെയൊക്കെ പോയി ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി ശിവൻ്റെ അടുത്ത് പോയി അവിടെയൊക്കെ ഇദ്ദേഹത്തിന് ചെന്ന് കലരാമേ വലിയ നാമം ജപിച്ചു നടക്കുന്ന വലിയ മഹർഷിയല്ലേ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അവരോട് പറഞ്ഞു എവിടെ ഒരു രക്ഷമില്ല ഞങ്ങളുകാരും വിചാരിച്ച ഒരു രക്ഷയില്ല ഇത് വിഷ്ണുചക്രമാണ് വിഷ്ണു നേരെ ഭഗവാൻ്റെ അടുത്ത് ചെല്ല വലിയ ശിവഭക്തനാണ് ദുർവാസാവം ശിവൻ പറഞ്ഞു ഏട്ടാ അദ്ദേഹത്തിൻ്റെ ആ ഭഗവാൻ്റെ കീഴിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചക്രത്തെ ഒന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമേ അല്ല വേഗം വിഷ്ണുവിൻ്റെ അടുക്കളേക്ക് വയ്ക്കോ നല്ല ഒന്നാം തരവും ഒരു കഥയാണ് ആ വിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്നു അപ്പോൾ വിഷ്ണു പറഞ്ഞു എട ഈ കൃത്രിമത്തിനൊക്കെ പോയത് ആ പാവം അംബരീഷനെ ഉപദ്രവിക്കാൻ ഇറന്നു ഞാൻ വിചാരിച്ചാൽ ഒരു രക്ഷയുമില്ല എന്തുകൊണ്ടാണെന്നോ അംബരീഷനെ പോലെയുള്ള ഭക്തന്മാർ എന്നെ അനങ്ങാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്ത ഉള്ളിൽ വെച്ചിരിക്കുകയാണ് ഭഗവതത്തിൽ ആ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് സാധുഭൃഗ്രസ്തഹൃദയവുമാണ് ആ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കവിടുന്ന് അനങ്ങ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതായിട്ടൊക്കെ നിനക്ക് തോന്നുന്നുള്ളൂ പക്ഷേ എന്നെ അനങ്ങാൻ അനുവദിക്കാതെ അംബരീഷൻ അദ്ദേഹത്തിൻ്റെ ഹൃദയമാകുന്ന കാലാഗത്തൽ തറച്ചു വച്ചിരിക്കും വളരെ അക്ഷയം വേണമെന്ന് ഓടി അംബരീഷൻ്റെ അടുക്കൽ ചെല്ലു അവിടുന്ന് ആണ് ദുർവാസ അപ്പോൾ ദുർവാസവിനെ ഈ പ്രാണനെ ഒന്ന് രക്ഷിക്കാൻ എന്തുമാത്രം വെമ്പലാണെന്ന് നോക്കണം അതിനർത്ഥം എന്താ ദുർവാസ ശരിയായ യോഗിയുമല്ല സന്യാസിയല്ല ഇതെൻ്റെ അഭിപ്രായമല്ല ആ കഥ മുഴുവൻ വായിച്ചു നോക്കുക ഒടുവിൽ അമ്പരീക്ഷൻ്റെ അടുത്ത് വന്ന് അപ്പോഴും അമ്പരീക്ഷൻ അവിടെ നിൽക്കുകയാണ് മുനി വരട്ടെ എന്ന് പറഞ്ഞു ഒന്ന് അമ്പരീഷൻ്റെ കൽക്കൽ വീണു അമ്പരീഷൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് പിന്നെ അവരുടെ മക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞ് പോകുന്നു അപ്പോഴേക്കും ചക്രവും പിന്മാറി ഞാൻ എന്തിനേ കഥ പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ലോകത്ത് ഏത് കർമ്മപരിപാടിയിലോ ഉൾപ്പെടാം രാഷ്ട്രീയവും സാമൂഹ്യവും മറ്റെന്ത് കർമ്മവുമായിക്കോട്ടെ യുദ്ധവും അടുക്കളയും യുദ്ധരംഗവും അടുക്കളയിലായാലും യുദ്ധരംഗത്തായാലും ഒരു വിരോധവുമില്ല പക്ഷേ ഈ സമ എന്നില്ല ശീലിച്ചോളുക സമ ഇല്ലാന്ന് വെച്ചാൽ ദേഷ്യം വരരുത് ഇന്നിപ്പോൾ സ്വൽപ്പം നേരത്തെ എന്നോടൊരാൾ പറഞ്ഞു സാർ എനിക്കൊരു മൂത്ത മകനുണ്ട് ഭയങ്കര ദേഷ്യം അതിൻ്റെ അടുത്തു നിന്നില്ല എൻ്റെ വീട്ടിലെന്നില്ല അവൻ ജോലിക്ക് നിൽക്കുന്നിടത്ത് പോലും അവരോടൊക്കെ ഭയങ്കര ദേഷ്യം നോക്കണേ അങ്ങനെയുള്ള ദേഷ്യമൊക്കെ വന്നാൽ ഈ ദേഷ്യത്വം നടക്കാൻ പറ്റുമോ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ് കോപം കാമയേഷ ക്രോധയേഷ ഗീത പറയും രജോ ഗുണസമുഭവ മഹാശനോ മഹാപാപ്മാ അർജുന എത്ര ഭക്ഷിച്ചാലും മതിയാവില്ല ഈ കാമത്തിനും ക്രോധത്തിനും മഹാപാപ്മാ എന്ത് പാപം ചെയ്തും മുമ്പോട്ട് പോകാൻ തുടങ്ങും അങ്ങനെയാണ് കൊല്ലും കൊല്ലയും എന്താ നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നില്ലേ പണത്തിനും മറ്റും വേണ്ടി കാണും അമ്മാവനെ പോലും കഥ നമ്മളെ പത്രത്തിലാ ഈ ആഴ്ചയിലൊക്കെ സർവത്ര അപ്പോൾ ഈ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നു ക്രോധത്തെ ഒന്ന് നടക്കാൻ പറ്റുമോ ഏതാണ്ട് ബ്രഹ്മത്തിൻ്റെ അടുത്തെത്താം ചുമ്മാ ബ്രഹ്മത്തെ കാണണം പലരും ഒന്ന് ബ്രഹ്മത്തെ കാണണം എവിടെയാണ് ഇരിക്കുന്നത് ബ്രഹ്മം എഴവുകയാൾ ബ്രഹ്മമാണ് പിന്നെ എന്താ ഞാൻ അനുഭവിക്കാത്തത് കോപം അതിനിടയ്ക്ക് കോപം എന്ന് പറയുന്ന അജ്ഞത ആ അജ്ഞതയെ നടക്കുന്നു നിങ്ങളാ കോപത്തെ ഒന്ന് നടക്കുമോ പറ്റുമോ ആ സാർ ആ നോക്കട്ടെ ഈ രണ്ടും രണ്ട് മൂന്ന് ദിവസത്തിനകം മുമ്പ് ഒരു കൊച്ചൻ എൻ്റെ അടുത്ത് തോന്നും നല്ല മെടുക്കനായ കൊച്ചൻ വലിയൊരു ചോദ്യവുമായിട്ടാണ് എൻ്റെ അടുത്ത് തോന്നുന്നത് എന്താ ആരും ആർക്കും ഉത്തരം പറയാൻ നോക്കട്ടെ സാർ ഈശ്വരൻ സർവശക്തനും കരുണാമയനുമാണല്ലോ ഞാൻ പറഞ്ഞാണ് അതിന് സംശയമൊന്നുമില്ല എന്നാൽ പിന്നെ ഇത്ര ദുരിതമയമായ ഒരു ലോകത്തെ എന്തിനു സൃഷ്ടിച്ചു സാർ അവരും ഇല്ലേ ഈ ചോദ്യം മാർഗ ഞാൻ പറഞ്ഞു മോനെ അത് ദോഷങ്ങളുടെ ആ ഭഗവാനങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല ഇതാ ഈ മേശ ഭഗവാനാണ് പക്ഷെ ഭഗവാനായിട്ട് കാണാതെ നീ അതിനെ മേശയായിട്ട് കാണുന്നു അതിനിപ്പോൾ ഭഗവാനെന്ത് ചെയ്യാൻ നീ അത് ഭഗവാനായിട്ട് കാണുക എൻ്റെ എല്ലാ കുഴപ്പവും തീരും അപ്പോൾ മനസ്സിലാവും ഭഗവാൻ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല അവനവൻ ഉണ്ടാക്കുന്ന കുഴപ്പമാണിത് മുഴുവൻ ഇതാ ഈ അധ്യായത്തിൽ ഭഗവാനത് തീർത്തും പറയുന്നു ഞാൻ പറയുന്നത് നമ്മുടെ കുഴപ്പങ്ങൾക്കെല്ലാം ഭഗവാനിൽ പഴിചാരുന്നത് ഒരു വിശേഷവുമില്ല ഒരു വിശേഷവും ഭഗവാൻ പറയുന്നു ഈ അധ്യായത്തിൽ ഈ സന്യാസം എന്ന അധ്യായത്തിൽ സന്യാസം എന്താ സന്യാസം സന്യാസം ആര് തരണം അവനവൻ അവനവൻ സന്യാസിക്കണം അവനവൻ ബ്രഹ്മത്ത് എന്തിലും കാണാൻ കരുത്തനായിത്തീരണം ന കർത്തൃത്വം ന കർമാണി ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നതാണ് ലോകശ്യസജതി പ്രഭു അർജുന പ്രഭു ഭഗവാനും ലോകത്തിനു വേണ്ടി ന കർത്തൃത്വം ഇന്നത് ചെയ്തോ ഭഗവാൻ ഒരിക്കലും മതി ഭഗവാൻ എന്ന് പറയുന്നത് യഥാർത്ഥ ഭഗവാൻ സർവത്ര നിറഞ്ഞിരിക്കുന്നു നിശ്ചലനാണ് നിശ്ചലൻ ആനന്ദമയൻ അദ്ദേഹം അവിടെ ഇരുന്നുണ്ട് ആ ഇതൊക്കെ നെയ് ചെയ്തോ ഇതൊക്കെ അദ്ദേഹത്തിന് അതിലൊന്നും സമയമില്ല ആനന്ദത്തിൽ മൊഴുകിയിരിക്കുകയാണ് ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ഭഗവാൻ ഒന്നും അനങ്ങുന്നില്ല മനസ്സിന് പൂർണ്ണ സമനിലയുണ്ടെങ്കിൽ ആ ഭഗവാനെ നമുക്ക് വ്യക്തമായി നേരിട്ട് കാണാൻ കഴിയും നമ്മളും അതിൽ തന്നെ ലയിച്ചു പോകും ന കർത്തൃത്വം സ്പഷ്ടമല്ലേ കർത്തൃത്വമോ കർമ്മങ്ങളോ ന ലോക സൃജതി പ്രഭു പ്രഭുലോകത്തിനു വേണ്ടി സൃഷ്ടിക്കുന്നില്ല ഓ അങ്ങനെയാണോ അപ്പം കർമ്മഫലമോ അതുമില്ല നർമ്മഫല സംയോഗം കർമ്മഫല സംയോഗവും ഭഗവാൻ ആർക്ക് ആർക്കു വേണ്ടി ഇത് സൃഷ്ടിക്കുന്നില്ല പിന്നെ എന്താ ഭഗവാനെ ഇതൊക്കെ ഈ ദുരിതം ഞാൻ ആ കൊച്ചനോട് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല സ്വഭാവസ്തുവാ ഓർമ്മിക്കുക സ്വഭാവസ്തു പ്രവർത്തത സ്വഭാവ അവനവൻ ഉണ്ടാക്കിത്തീർക്കുന്ന ഭാവം അതായത് അവനവൻ്റെ മനസ്സ് അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഈ ഭാവമാണ് നമ്മുടെ മനസ്സ് എൻ്റെ മനസ്സ് ഞാനുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സങ്കല്പങ്ങളും ചിന്തകളും കൂടി ചേർന്നതാണ് അതിന് പാവപ്പെട്ട ഭഗവാനെ കുറ്റമറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അദ്ദേഹം ഒന്നും അറിയുന്നില്ല വാസ്തവത്തിൽ അല്ല സാറേ അത് ഭഗവാൻ്റെ സഹായത്തോടു കൂടിയല്ലേ ഇതൊക്കെ നടക്കുന്നു അതിലെന്താണ് ഭഗവാൻ ആ നിയമം കൂടെ ഓർമ്മിക്കുക ആരെങ്ങനെ എന്നെ സമീപിക്കുന്നു ഞാൻ അവരെ അങ്ങനെ അനുഗ്രഹിക്കുന്നു എൻ്റെ നിയമമതാ ഏ യഥാമാം പ്രവർത്തന്തയെ താം തഥൈവ ഭജാമ്യഹം അർജുന ആരെന്നെ എങ്ങനെ സമീപിക്കുന്നുവോ ഒരാൾ സാമൂഹ്യപ്രവർത്തനം ചെയ്യാൻ തീരുമാനിച്ചു അയാളെ സാമൂഹ്യപ്രവർത്തനത്തെ ഭഗവാൻ സം കൂടെ സഹായിക്കും അതേ അവസരത്തിൽ വേറൊരാള് തീവ്രവാദം നടപ്പാക്കാൻ തീരുമാനിച്ചു ഭഗവാൻ സഹായിക്കും അല്ല ഭഗവാൻ സാക്ഷിരൂപനാണ് ഭഗവാൻ അതുകൊണ്ടൊരു കുഴപ്പവും ഇല്ല ഇതേതുപോലെ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണദേവനൊക്കെ പറയും നിലവിളക്ക് കത്തിച്ചുവെച്ചിരിക്കുക ഈ നിലവിളക്കിൻ്റെ മുമ്പിലിരുന്ന് ഒരാൾ രാമായണം വായിക്കുന്നു വേറൊരാൾ കള്ളവപ്പ് ഇടുന്നു കള്ളവൊപ്പ് രണ്ടിനും വെളിച്ചം കൊടുക്കുന്നു ഈ വിളക്ക് പക്ഷെ കള്ളവപ്പെടുന്ന പാപമോ രാമായണം വായിക്കുന്നവൻ്റെ പുണ്യമോ വിളക്കിന് ആവശ്യമില്ല വിളക്ക് രണ്ടിനെയും സഹായിക്കുന്നു അതിൻ്റെ ജോലി അതാണ് അതുപോലെ യഥാമം പ്രപദ്ധ്യന്തെ ആരെന്നെ എങ്ങനെ സമീപിക്കുന്നു അത് വെച്ചാൽ ഇതിൻ്റെ കഴിഞ്ഞ കാലത്തും എല്ലാ ജീവിതഗതികൾക്കും ഇപ്പോൾ അവത്തരവാദി എങ്ങനെയാണ് ഉത്തരവാദി അവനവൻ്റെ മനസ്സ് ആ മനസ്സിനെ ജയിക്കൂ മനസ്സിനെ ജയിക്കാനെന്താ ഈശ്വരഭാവം മനസ്സിനെ പഠിപ്പിക്കൂ അതാണ് സന്യാസം മനസ്സിനെ സന്യസിക്കുക മനസ്സിനെ എങ്ങനെ സന്യസിക്കുമ്പം ഇന്ന് സത്രുമിത്രാദി രാഗദ്വേഷഭാവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മനസ്സിനെ ഒരു നിമിഷം പോലും ഇടാതെ ഈശ്വരചിന്ത ചെയ്യാൻ പ്രേരിപ്പിക്കൂ ആ മനസ്സ് സമ്പൂർണമായും ഈശ്വരഭാവം ബ്രഹ്മഭാവം കൈക്കൊള്ളും അപ്പോൾ അതിലൊറ്റ ആനന്ദവും ഈ ലോകരോഗ്യത്തെങ്ങനെ പ്രവർത്തിക്കണം എന്ന ബോധവും വ്യക്തമായിട്ടുണ്ടാവും ഇതാണ് സ്വഭാവം അർജുന സ്വഭ സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത് അല്ലാതെ നാദത്തെ ഗീത പിന്നെ പറയുന്നു നമ്മളോരോന്ന് ചെയ്യുന്നു അർജുന ഓരോന്നും ചെയ്യുന്നു ഭഗവാനൊന്നും ഉത്തരവാദിയില്ല നീ പാപം ചെയ്താൽ നീ അനുഭവിക്കണം നീ പുണ്യം ചെയ്താൽ നീ അനുഭവിക്കണം പുണ്യമോ പാപമോ ഒന്നും ഏറ്റെടുക്കില്ല നാദത്തെ കസിച്ച പാപം ഇത് ഗീത ഈ അധ്യായത്തിലുള്ള ശ്ലോകമാണ് നാദത്തെയ ആരുടെ പാപവും ഏറ്റെടുക്കില്ല നാദത്തെ ഗസജി പാപം ന ചെയ സുഹൃതം വിപുഹു സുഹൃതവും ഭഗവാനേറ്റെടുക്കില്ല നാദത്തെ ഗസജി പാപം ന ചെയ സുഹൃതം വിപുഹു പിന്നെന്താ ഭഗവാനൊക്കെ എന്തു ചെയ്യാവ്ഞാനേനാപതം ജ്ഞാനം ജ്ഞാനം അജ്ഞാനം കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്നു എന്താ ജ്ഞാനം ഈ മേശ ബ്രഹ്മമാണെന്നുള്ളത് ജ്ഞാനമാണ് ശാസ്ത്രീയമായ സത്യം പക്ഷെ എങ്ങനെയോ ഈ പ്രപഞ്ചം ഈ ജഡപപ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണ് സർവം ഖലവിതം ബ്രഹ്മം ഈ കാണുന്നതൊക്കെ ബ്രഹ്മൻ തന്നെ ഉപനിഷത്താണ് പക്ഷേ എന്താ ധരിച്ചിരിക്കുന്നത് ഇത് മേശയാണ് അത് ശത്രുവാണ് അതും ഇത്ര ആണ് അജ്ഞാനം ഇത് ധരിക്കാൻ എങ്ങനെയാണ് ഇടയായത് ജ്ഞാനമില്ലാത്തത് കൊണ്ട് ഈ സത്യം ഉറപ്പില്ല ഉറപ്പില്ലാത്തത് കൊണ്ട് ഇത് ആര് ധരിച്ചു അവനവനും ഞാനാണെൻ്റെ ഇന്നാലെൻ്റെ ശത്രുന്ന് ധരിക്കുന്നതല്ല അത് ഭഗവാനാണോ ഭഗവാൻ പറഞ്ഞോ കാണാൻ നേരെ മറിച്ച് ബ്രഹ്മമായിട്ട് കാണു എല്ലാ ക്ലേശവും അതോടെ തീർന്നു നാദത്തെ കസ്യചിത്പാപം ചെയ്യുക സുഹൃതം വിഭു ആരുടെയും സുഹൃതവും ഏറ്റെടുക്കുന്നില്ല ഞാൻ പറയുന്നത് എന്ത് വേണോ ചെയ്തോളുക കോവിലിപ്പോൾ എത്ര കോവിലിൽ വേണോ പോയിക്കോളുക ഏതെല്ലാം ദേവനെ ഭജിക്കണമോ ഭജിച്ചോളുക പക്ഷെ അവരാരും നമ്മെ സഹായിക്കില്ല സഹായിക്കും അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ദേവന്മാരും ബ്രഹ്മമാണ് ഞാനും ബ്രഹ്മമാണ് ഈ ബ്രഹ്മബോധം നമ്മൾ ഉറക്കുമോ അദ്വൈതബോധം സഹായിക്കുമോ ശാസ്ത്രീയ സത്യം ശാസ്ത്രീയ സത്യം അത് മാത്രം വേറെ യാതൊന്നും ഇനി ഒരിക്കലും ശാസ്ത്രീയ സത്യമായി ആരും ഒരു ശാസ്ത്രജ്ഞനും കണ്ടെത്താൻ പോകുന്നില്ല ഇത് വേദാന്തത്തിൻ്റെ ഉപനിഷത്തിൻ്റെ പെരുമ്പ്ര ഘോഷമാണ് ഇത് വേദാന്ത ഡിണ്ടിമാണ് അതുകൊണ്ട് ഏത് കോരിപ്പ് വേണോ വെക്കോളുക എന്ത് പൂജ വേണോ നടത്തിക്കൊള്ളുക അടുക്കളയിൽ ഏത് തരം കറിവേണോ വെച്ചോളുക അത്യാവശ്യം വരുന്നെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നവരോട് അല്പം വഴക്കും ഒക്കെ നടത്തിക്കൊള്ളുക പക്ഷേ അപ്പോഴും ഒക്കെ എൻ്റെ വഴക്കും ്രഹ്മമാണ് ശിവനാണ് എന്നോർമ്മിച്ചുള്ളത് അത്രേയുള്ളൂ ഓർമ്മിച്ചുള്ളുക ഓർമ്മിച്ച ആ ആ വഴക്കൊക്കെ ഒരു പരിധിയിൽ നിൽക്കും അല്ലെങ്കിലോ ആ ടീലും കൊലയിലും ദിവസവും പത്രം എടുത്ത് നോക്കുകയാൽ എന്താ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ കാര്യം ഈ അറിവ് ആർക്കുമില്ല ഭരിക്കപ്പെടുന്നവർക്കുമില്ല ഭരിക്കുന്നവർക്കുമില്ല ആർക്കുമില്ല ആരും വിചാരിച്ച ടീ ലോകമൊന്നും ചെയ്തവരെ നന്നായില്ല അപ്പോൾ ഇതുകൊണ്ടല്ലോ നന്നാവുമോ സാർ ഒരു കാര്യം തീർച്ചയാണ് ആരെയത് ഉറപ്പിക്കുന്നു അവരദ്ഭുതകരമായിട്ട് നന്നാവും അത്ഭുതകരമായിട്ട് രമണ മഹർഷിയോട് ചിലരെ ചോദിച്ചു അങ്ങനെ അങ്ങനെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തിക്കൂടെ ഇവിടെ ഒരുപാട് പേര് പട്ടിണി നടക്കുന്നു രോഗികളായി അല്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചു സത്യം എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഞാനിവിടെയൊക്കെ നോക്കിയിട്ട് ബ്രഹ്മത്തെ മാത്രമേ കാണുന്നുള്ളൂ ഞാൻ ആരെയും പട്ടിണി കിടക്കുന്നവരായിട്ട് കാണുന്നില്ല ബ്രഹ്മത്തെ മാത്രമേ കാണുന്നുള്ളൂ അല്ല സ്വാമി ഞങ്ങൾ കാണുന്നുണ്ട് വളരെ സന്തോഷം നിങ്ങൾ പോയി അവരെ രക്ഷിക്കൂ കാണാത്ത ഞാനെന്ത് ചെയ്യാൻ ഏഹ് അങ്ങനെയൊക്കെ ബ്രഹ്മണ മഹർഷിയും മറ്റും പറയുന്നത് മോശമല്ലേ സാറാ മോശമാണെങ്കിൽ മോശം പക്ഷേ ഞാനിങ്ങനെ കാണുന്നുള്ളൂ നിവർത്തിയൊന്നുമില്ല ഉണ്ട് നിങ്ങൾ പോയി ആരെ വേണോ രക്ഷിക്കൂ ഒരു വിരോധമില്ല ഇതിനർത്ഥം സ കർമ്മബന്ധം ചെയ്യരുതെന്നോ ഒന്നുമല്ല യുദ്ധം ചെയ്തു അർജുനനോട് പറയുന്നു യുദ്ധസ്തുവാ പക്ഷേ വിഗതജ്വരഹ ടെൻഷനില്ലാതെ ഒരു ടെൻഷനും ഉണ്ട് അവരുത് അത് വേണമെങ്കിൽ എല്ലാം ബ്രഹ്മമെന്നുറപ്പിച്ചോളൂ ഭീഷ്മരൻ ദ്രോണരും ഞാനും നീയും ബ്രഹ്മം ഈ യുദ്ധം ഒരു ബ്രഹ്മപൂജ എന്നുറപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂ ടെൻഷൻ വരില്ല മരിച്ചാലും ജീവിച്ചാലും ടെൻഷൻ വരില്ല അപ്പോൾ യുദ്ധസ്വ വിഗതജ്വര വിഗതജ്വരനായി യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നതിന് അർത്ഥം എന്താ ടെൻഷനില്ലാതെ കർമ്മം ചെയ്യൂ എന്ത് കർമ്മവുമാവട്ടെ ടെൻഷൻ ഉണ്ടവർ അതെങ്ങനെ ഭഗവാനും മറന്നിട്ട് കർമ്മഫലങ്ങളിൽ അത്യന്തം സംഘബദ്ധനായി ഞാൻ ചെയ്യുന്നു ഞാൻ ഫലം നേടും എന്നുള്ള അഹങ്കാരത്തോടുകൂടി ഒരാൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അയാൾക്കൊരു സ്വസ്ഥതയും ഒരിക്കലും കിട്ടില്ല ഒരിക്കലും അതാണ് ഈ കർമ്മ രഹസ്യം അതിരിക്കട്ടെ ഞങ്ങൾ ഇപ്പോൾ സന്യാസത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞു തന്നത് സന്യാസം എന്ന് പറയുന്നത് ഇന്നുമുതൽ ഇതായിരിക്കുന്ന എല്ലാവരും ശ്രമിക്കുക അതിന് ഒന്നും തടസ്സമല്ല വ്യക്തി തടസ്സമല്ല ആണെന്നോ പെണ്ണെന്നോ പണക്കാരനെന്നോ ദരിദ്രനെന്നോ ഒന്നും തടസ്സമല്ല സമയം തടസ്സമല്ല ഇന്ന സമയത്ത് വേണം സർവേഷു കാലേഷുമാവനുസ്മര എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത് എപ്പോഴും എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളുള്ളിൽ ഓർമ്മിക്കുക പുറത്തൊന്നും പറയുന്നില്ല അത്യാവശ്യം ഇല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ പുറത്തും പറയാം സർവേഷു കാലേഷുമാം അനുസ്മര എന്നല്ലേ ഗീത എപ്പോഴും എന്നെ ഓർമ്മിച്ചോളൂ ഞാൻ സർവേശ്വരനാണ് ഈ കാണുന്നതൊക്കെ ഈശ്വരനാണ് എന്നോർമ്മിച്ചുകൊണ്ട് നമ്മുടെ കർമ്മം എന്തുമാവട്ടെ അടുക്കളയിൽ പാചകമാവട്ടെ അല്ലെങ്കിൽ യുദ്ധമാവട്ടെ ആ ഭഗവാനോ സാറേ യുദ്ധത്തിലൊക്കെ അങ്ങനെ എപ്പോഴും ഭഗവാനെ സ്മരിച്ചു കൊണ്ട് യുദ്ധം ചെയ്യാൻ ഒക്കുമോ സാർ അതെ നിങ്ങൾ കുറച്ച് നാൾ സ്വീകരിക്കണം ഈ തത്വം ഉറപ്പിച്ചാൽ യുദ്ധത്തിൽ അണിനിരുന്നിൽ നിൽക്കുന്നവരാരെല്ലാം ബ്രഹ്മം ഉള്ളൽ ഭീഷ്മർ നല്ലവണ്ണം ഇത് ഉറപ്പിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്തത് ഭീഷ്മരെ കുറിച്ചൊക്കെ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് എന്താ പാണ്ഡവ പക്ഷത്ത് നിൽക്കാത്തത് എന്തിനാണ് കവരവപക്ഷത്തിൽ പോയത് ഭീഷ്മരയെ സംബന്ധിച്ച് പാണ്ഡവോ ഭക്ഷവും ഇല്ല കൗരവ ഭക്ഷരം പോക്ക് ഒരു ബ്രഹ്മപൂജ ഗംഭീരമായിട്ട് യുദ്ധം ചെയ്യുന്നു എന്താ ഭീഷ്മർക്കാവാമെങ്കിൽ നമുക്ക് പാടിക്കില്ലേ എന്താ തടസ്സം എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഉള്ളിൽ ആരോടും പറയുന്നില്ല ഒക്കെ ബ്രഹ്മപൂജ ബ്രഹ്മയജ്ഞം ബ്രഹ്മാർപ്പണം ബ്രഹ്മർ ബ്രഹ്മാഗ്നു ബ്രഹ്മണാഹുതം ബ്രഹ്മയുപത്തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധന ഇതെന്തുകൊണ്ട് പാടില്ല യുദ്ധത്തിൽ ഭാഗം എപ്പോഴും അത് വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ കർമ്മം ചെയ്യണമോ വേണ്ടതോ ഒന്നും പ്രശ്നമല്ല ച ഒരു കണ്ടീഷനും ഇല്ല നിങ്ങളെവിടെ ഇരുന്നാലും എപ്പോഴും ഈ സത്യം ശാസ്ത്ര സത്യം ഓർമ്മിക്കുക എന്താ സത്യം സർവം ഖൽവിതം ബ്രഹ്മ അത്രയേ ഈ കാണുന്നതൊക്കെ ബ്രഹ്മം രണ്ടാമതൊരു വസ്തു അണുപോലുമില്ല അണുപോലും ഇല്ല സർവം ബ്രഹ്മമയം പിന്നെ എന്താ ഇങ്ങനെ അതാണ് നമ്മൾ പറഞ്ഞത് അജ്ഞാനേനാവൃതം ജ്ഞാനം അജ്ഞാനം കൊണ്ട് ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു അജ്ഞാനം എന്ന് വെച്ചാൽ ഇതൊക്കെ ഈശ്വരനാണ് ഒരാൾ സഞ്ചരിക്കുന്ന നടന്ന് പോയി പോകലൊരു മരക്കുറ്റി ആ വേറെയോ രണ്ടുപേരുണ്ട് അവർ പറയുകയാണ് ഒരാൾ പറയുകയാണ് അതവർ കള്ളൻ നിൽക്കുന്നല്ലോ അവിടെ മരക്കുറ്റിയാണ് നിൽക്കുന്നത് വേറൊരാൾ പറയുന്നു അത് കള്ളനാണെന്ന് തോന്നുന്നില്ല അതൊരു പോലീസുകാരനാണെന്ന് തോന്നുന്നല്ലോ ഉടനെ വേറൊരാൾ പറയുന്നു രണ്ടുമല്ല അതൊരു പാവം മനുഷ്യൻ അവിടെ നിൽക്കുന്നു അപ്പോൾ മൂന്ന് പേരും മൂന്ന് തരത്തിൽ ഇതെങ്ങനെ ഈ മൂന്ന് പേർക്ക് മൂന്ന് തരത്തിൽ മൂന്ന് പേരുടെ തീരുമാനവും തെറ്റ് അവിടെ വസ്തു ഒരു മരം കുറ്റിയാണ് അതുപോലെയാണ് ഇത് ഈ മേശ മേശയാണെന്ന് നമ്മൾ പറയുന്നു കണികാപരീക്ഷണം നടത്തുന്ന ഒന്നാം തരം ഒരു ഫിസിസിസ്റ്റാ വിളിച്ച് ചോദിച്ചാൽ ഈ ഇത് കുറേ ആറ്റംസാണ് ആറ്റംസ് ആറ്റംസാണ് ഇങ്ങനെ കുറേ പേരെ വിളിച്ച് ചോദിച്ചാൽ പലരും പലതും പറയും വാസ്തവത്തിൽ ബ്രഹ്മമാണ് ബോധം രണ്ടാമതൊരു വസ്തു ഇവിടെ ഇല്ല ഉണ്ടാവാൻ ഒക്കെയില്ല അപ്പോൾ ഒരേ ബോധത്തെ പലതായി കാണുന്ന എന്തുകൊണ്ട് ബോധമാണെന്ന ജ്ഞാനം മരക്കുറ്റിയെ മരക്കുറ്റിയായി ധരിക്കാതെ വേറെ പലതായിട്ട് ഭാവന ചെയ്യുന്നു ഇത് ബോധമാണ് ബോധമാണെന്ന് ഭാവന ചെയ്ത് ഉറപ്പിക്കൂ ബ്രഹ്മമാണോ ഈശ്വരനാണ് ബ്രഹ്മെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ ഈശ്വരതത്വം ഈശാവസ്യമിതം സർവം ഇത് മുഴുവൻ ഈശ്വരനാണ് എന്നുറപ്പിക്കൂ ഇതാണ് സന്യാസം അർജുന അജ്ഞാനേനാവൃതം ജ്ഞാനം ഇന്ന് തന്നെ ഓരോരുത്തർ എന്നെല്ലാം തരത്തിലാണ് പല ആളുകൾ പല കാര്യങ്ങളെ ധരിക്കുന്നത് തേന മുഹ്യന്തി ജന്തു അതുകൊണ്ട് മനുഷ്യർ മോഹിച്ചു പോകുന്നു ചിലർക്ക് പണത്തോടാണ് ചിലർക്ക് പേരിനോടാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് സത്യമറിഞ്ഞയാൾക്ക് ബ്രഹ്മബോധം ഉറയ്ക്കണം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ചിന്ത ഈ ജ്ഞാനം ഉറച്ചാലോ ജ്ഞാനേനത് തത് അജ്ഞാനം യേഷാം നാശിതമാത്മന തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി കൊണ്ട് അജ്ഞാനം ഒക്കെ ബ്രഹ്മം ഇത്രയേ ഉള്ളൂ പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കുക ഈ ഗീതയൊക്കെ നമ്മൾ പഠിക്കുന്നു ഇത് പ്രായോഗികമായിട്ട് അനുഷ്ഠിക്കാൻ ശ്രമിച്ചു നോക്കിയില്ലെങ്കിൽ ഈ ഗീതയിന് എത്ര ജീവിതം പഠിച്ചാലും ജന്മം പഠിച്ചാലും നമുക്ക് കാര്യമായ ഗുണം ചെയ്യില്ല ഭഗവാൻ പറയുന്ന യോഗവും സന്യാസവും പ്രായോഗികമായി അനുഷ്ഠിക്കാൻ ശ്രമിക്കുക സന്യാസം അനുഷ്ഠിക്കാനെന്ത് വേണം കാണുന്നതൊക്കെ അടുക്കളയിലായാലും യുദ്ധക്കളിയിലായാലും ഒക്കെ ബ്രഹ്മം ശാസ്ത്ര സത്യം ബോധം അതോർമ്മ വേണം അതോർമ്മിച്ചുകൊണ്ട് ഗംഭീരമായി അവനും എൻ്റെ കൃത്യങ്ങൾ അനുഷ്ഠിക്കുക ഭീഷ്മരെ മറ്റും ഭീഷ്മർ അപ്പോൾ ആരുടെ അജ്ഞാനമാണോ ജ്ഞാനം കൊണ്ട് ഇല്ലാതാവുന്നത് അദ്ദേഹത്തിനാണ് ആദിത്യവജ്ഞാനം പ്രകാശയതി തൽപരം സൂര്യൻ വസ്തുക്കളെ കാണിച്ചു തരുന്നത് പോലെ ആ ജ്ഞാനം പരമസത്യം അനുഭവിപ്പിക്കും അത് കുറേ നാൾ ശ്രമിച്ചു നോക്കണം ഇതൊക്കെ ബ്രഹ്മമാണെന്നോർമ്മിച്ച് മനസ്സിൻ്റെ സമനില വിട്ടുപോകാതെ ശീലിക്കാൻ ശ്രമിക്കണം ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ ആവാം ഇന്ന് ഇന്ന് ഏത് വീട്ടിലും തമ്മില ടീം നിസ്സാര കാര്യമാണ് ഒന്നും കുറച്ച് പൈസയുടെ കാര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വാങ്ങുന്ന ഒരു ഒരാളെന്നോട് പറഞ്ഞത് സാർ ഞാൻ എന്ത് ചെയ്യാൻ ടി വി കാണുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല രണ്ടുപേരും കൂടെ മുട്ടം വഴക്കും ടി വി വാങ്ങി ചോദിച്ചിട്ടുണ്ട് കാര്യം ഇത്രയേ ഉള്ളൂ എന്തെളുപ്പം അതായത് എനിക്ക് ടി വി കാണണോ കണ്ടോ വളരെ സന്തോഷം ഞാനും കൂടെ കുറേ നേരം വന്നിരിക്കാം എനിക്കും തീരെത്തല കറങ്ങുമ്പോൾ ഞാൻ പോയി കിടക്കും അത്ര എന്നാൽ നീ കണ്ടോ ഇതിലെന്താ ഇത്ര വഴക്കൂട വഴക്കെന്ന് വെച്ചാൽ മുട്ട വഴക്കാണും പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇതൊക്കെ പ്രസ്റ്റീജ് ഇഷ്യൂ ആഹാ ഞാൻ പറ ഇന്നത് കേൾക്കുന്നുണ്ട്യോ ഞാൻ കാണിച്ചു തരാം ഞാൻ തോന്നുന്നു ഇതൊക്കെ പോകണം ഞാനും നമുക്ക് ജീവിതത്തിൽ ഈ ഇതുകൊണ്ടിപ്പോൾ ലോകത്തെ മുഴുവൻ സമൂഹത്തെ നന്നാക്കാമെന്നൊന്നും ഞാൻ കരുതുന്നില്ല നമുക്ക് കുറേ പേർക്ക് പറ്റുമോ ഞാൻ ശ്രമിച്ചു നോക്കുന്നു എനിക്ക് നല്ലവരെണ്ണം പറ്റുന്നു നല്ലവരെണ്ണം ഇനി എന്ത് തന്നെ ആകാശം തന്നെ ഇടിഞ്ഞ് ഉണന വീണാൽ കൊള്ളാം സന്തോഷം ഭഗവാനെ ഒക്കെ അങ്ങനെ ഇഷ്ടം അപ്പോൾ ഇത് ജ്ഞാനം കൊണ്ട് ആർക്കാരാണോ ഈ അജ്ഞാനത്തെ അകറ്റുന്നത് ദേശം ആദിത്യവജ്ഞാനം പ്രകാശയത്തിൽ തത്പരം ആദിത്യൻ പദാർത്ഥങ്ങളെ കാണിച്ചു തരുന്നത് പോലെ ആ പരമസത്യം വ്യക്തമായി തെളിഞ്ഞ് അനുഭവപ്പെടാൻ ഇടവരുന്നു ഇത് ശീലിച്ച് നോക്കണം ഇടവരുമോ എന്ന് അറിയാമല്ലോ അങ്ങനെയൊക്കെ സാധിക്കുമോ സാർ ഇപ്പം ഈ ഒക്കെ ബ്രഹ്മമായിട്ട് അനുഭവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ശീലിച്ചു നോക്കണം എന്നിട്ട് ശീലിച്ചു നോക്കിയവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട് അത്ഭുതം അസാധാരണമായ ആനന്ദം ശാന്തി സന്തോഷം ഇതൊക്കെ മനസ്സിന് വന്നു ചേരും അപ്പോ അർജുന തദ്ധയ തദാത്മാന തന്നിഷ്ഠാസ് തത്പരാണ ഗെ ജ്ഞാനനിർദ്ധൂത കൽമഷാഹ അർജുന അങ്ങനെയുള്ള ജ്ഞാനനിർത്തൂത കൽമഷ ജ്ഞാനം കൊണ്ട് ഉള്ളിലുള്ള അഴുക്ക് മുഴുവൻ കഴുകിക്കളഞ്ഞ ഒരു സന്യാസി ച സമനില ഉറപ്പ് വന്നയാൾ ആ അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് അവർക്കത് ആയിക്കഴിഞ്ഞാൽ തദ്ബുദ്ധ തദാത്മാന പ്പോഴും അവരുടെ ചിന്ത മറ്റാരും അറിയുന്നുണ്ടാവില്ല ഇപ്പം ജനകനെപ്പോലുള്ളവർ ഗംഭീരമായി രാജ്യം ഭരിക്കുന്നു പക്ഷേ ജനകൻ്റെയും മറ്റും ചിന്ത ഒരു നിമിഷം പോലും ആ ബ്രഹ്മത്തെ വിസ്മരിക്കുന്നില്ല തദ്ബുദ്ധയ തദ്ത്മാന അവർ അതായിത്തീർന്നിരിക്കുന്നു പ്രപഞ്ചം മുഴുവൻ അതുതന്നെ തദ്ബുദ്ധ തദ്ത്മാനഹ അവർ അതിൽ നിന്നും ഒരു നിമിഷം പോലും മാറുന്നില്ല തന്നിഷ്ഠ തത്പരായണാഹ് അവരുടെ ജീവിത ലക്ഷ്യം ഈ ബ്രഹ്മം മരണം പോലും അവരെ ഭയപ്പെടുത്തുന്നില്ല തത്പരായണ അവർക്കെന്ത് സംഭവിക്കും ഗച്ഛന അവനരാവൃത്തിൻ വീണ്ടും ഒരു ശരീരം എടുക്കാനിടവരാത്തവണ്ണം അവർ ആ പരവസത്തെത്തുപ്രാപിക്കുന്നു ഗച്ഛന്തി അവിനരാവൃത്തിയും ഇങ്ങനെ ജ്ഞാന നിർധൂത കൽമശാഹ ആ ഓരോ വാക്കും തന്നെ സജ്ഞാനം കൊണ്ട് ഉള്ളിലുള്ള അഴുക്കിനെ എന്താ അഴുക്ക് രണ്ടുണ്ടെന്നുള്ള തോന്നൽ ഇവിടെ രണ്ടെന്ന് തോന്നിയോ അഴുക്കാണ് ഇത് നമ്മുടെ തുഞ്ചത്താചാര്യൻ തന്നെ എന്നത് സ്പഷഷ്ടമായിട്ട് പറയുന്നു ഹരിനാമകീർത്തനത്തിലും മറ്റും ഒന്നായ നിന്നയിഹ രണ്ടെന്നുകണ്ടളവിലുണ്ടായ ഒരിണ്ടൽ ഭഗവാനെ മിണ്ടാവല്ല അതുകൊണ്ട് പണ്ടേ കണക്ക് വരുവാൻ നിൻകൃപാവലികൾ പണ്ടത്തെ പോലെയെല്ലാം ഒന്നെന്ന് കാണാൻ അല്ലയോ ഭഗവാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ ഉണ്ടാക എങ്കലിഹ എന്നല്ല അദ്ദേഹം പോലും പറയുന്നത് അപ്പോൾ ഇത് ശീലിച്ചു നോക്കുക വീട്ടിൽ ചെന്നാലും പുറത്തിറങ്ങിയാലും അങ്ങനെ ഹൈ എന്ന് എന്തൊരു സുഖമാണെന്നറിയാമോ ഈ പലതൊന്നും ചിന്തിച്ച അവൻ ശത്രുവാണ് മിത്രമാണ് അല്ലെങ്കിൽ നേരം വെളുത്തുന്നതുവരെ പരദൂഷണം ഒരു കാര്യവുമില്ല അന്യൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കാതെ ചിന്തിക്കും എല്ലാം എല്ലാം ബ്രഹ്മം വേറെ ചിലർ ഇതൊക്കെ പറയാൻ അവരെ അടിച്ചോടിക്കണ്ട അവർ പറയുന്നതും ബ്രഹ്മം അവരുടെ വാക്കുകളും ജപമോ ജൽപ്പഹ എല്ലാ ജൽപ്പങ്ങളും എല്ലാ അർത്ഥരഹിതങ്ങളായ സംഭാഷണങ്ങളും ഭഗവത് നാമജപം എന്ന് തീരുമാനിക്കുക ആര് സംഭാഷണം ചെയ്യുന്നതും സത്യത്തിൽ അതാണ് അല്ലെന്ന് നമ്മളിന്തൊരു കരുതാമ്പ ജപമോ ജൽപ്പഹ ശില്പം സകലമപി മുദ്ര വിരചന ശില്പം സകലമഭി അടുക്കളയിൽ പച്ചക്കറി നുറുക്കുന്നത് എന്താ ഭഗവത് പൂജയ്ക്ക് ചെയ്യുന്ന മുദ്ര മുദ്രയില്ലേ അതിനോർമ്മിക്കുക ഈ അങ്ങനെ സാറേ പച്ചക്കറി മുറുക്കുന്നതൊക്കെ അങ്ങനെ ഓർമ്മിക്കാൻ പറ്റുമോ എന്താ ഓർമ്മിക്കാൻ പറ്റാത്തത് എപ്പോ ചിലപ്പോൾ ശില്പം സകലമഭി മുദ്രാവിരചന ഗതിപ്രാദക്ഷിണ്യക്രമണം റേഷൻ വാങ്ങാൻ പോകുന്നത് മലക്കറി വാങ്ങാൻ പോകുന്നത് മാർക്കറ്റിൽ പോകുന്ന ഒക്കെ ഭഗവാൻ്റെ പ്രദക്ഷിണ വയ്ക്കലാണ് കാരണം അവിടെയൊക്കെ ഭഗവാനാണേ ഭഗവാനല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല കഷ്ട ഈ സത്യം നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല കേട്ടോ ശില്പമതി സകല മുദ്രാവിരുചന ഗതിപ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി എനിക്ക് വലിയ ഹോമം ചെയ്യാനൊന്നും പറ്റുന്നില്ല സാർ അതിന് ഈ ഹോമദ്രവി നിങ്ങൾ ഒന്നാം തരം ഭക്ഷണം കഴിക്കുന്നില്ലേ അത് ഭഗവാനായി യചിക്കുന്ന ഹോമമാണ് എന്നും ഓർമ്മിക്കൂ അതെങ്ങനെ സാർ ഇപ്പം കൂടുതലും ഈ ചിക്കനൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത് ഒരു തിരക്കേടും ഇല്ല ഭഗവാൻ എങ്ങനെ ചിക്കനെന്നോ ഒന്നും ഒരു ഭേദവുമില്ല നിങ്ങളെന്ത് കഴിച്ചാലും വേണ്ടില്ല തൽക്കാലം ഒരു മദ്യപാനിയാണ് ശ്രീരാമകൃഷ്ണൻ പറയുന്നുണ്ട് ഗിരീശചന്ദ്രഘോഷുകൊണ്ട് എടോ നീ മദ്യപാനം നിർത്തണം അത് സമയം എനിക്ക് നിർത്താൻ ഒരു കാര്യം മദ്യം കുടിക്കുമ്പോൾ എൻ്റെ കൂടെ ഓർമ്മിച്ചോ അങ്ങനെ ശ്രീരാമകൃഷ്ണനെ ഓർമ്മിച്ച് അങ്ങേര് മദ്യം കുടിച്ച് കുടിച്ച് ഗിരീശചന്ദ്രഘോഷ് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് ധാരാളം ഉദാഹരണം അടിവില് അദ്ദേഹം അതിൽ നിന്നൊക്കെ വിമുക്തനായി വല്യഭക്തനായി മാറിയെന്നാണല്ലോ രാമകൃഷ്ണചരിതം പറയുന്നത് അപ്പം ശില്പമഭി സകലം മുദ്രാവിരചന ഗതിപ്രാദക്ഷിണ്യക്രമണം അശനാന്ത്യാഹുതി വിഥയെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആഹുതി ഹോമിക്കലാണ് ഭഗവാനെ ഹോമിക്കലും അശനാന്ത്യാഹുതി വിചയെ അതുപോലെ സമാധി ഉറക്കം ഉറങ്ങുന്നത് സമാധിയാണെന്ന് കരുതി കൊണ്ടുറങ്ങൂ ഭഗവാനും സമാധിയാണ് നമ്മളെല്ലാം ഉറക്കത്തിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് തിരിച്ച് ബ്രഹ്മത്തിൽ നിന്നും ഉണർന്ന് വരുന്നു പ്രണാമ സംവേശക എന്തിന് സുഖമാകില്ല നമ്മളെ സുഖമെല്ലാം ആത്മാർപ്പണ ദൃശ്യ എല്ലാം ഭഗവാനാണ് അർപ്പിക്കുന്നു എന്ന് മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് ആത്മാർപ്പണ ദൃശ്യ സബര്യാപര്യായ സ്തവഭവതു ഭഗവാനെ അങ്ങയുടെ പൂജയുടെ പര്യായമായി ഭവിക്കട്ടെ സപര്യാപര്യായ സ്തവഭവതു എന്നേ വിലസിതം ഞാൻ എന്തെന്തൊക്കെ ചെയ്താലും അതൊക്കെ അങ്ങയുടെ പൂജയാണ് എന്നെനിക്ക് ഓർമ്മിക്കാറ് അറി ഇതൊക്കെ സാധിക്കും ഇങ്ങനെ സന്യാസം എന്താ സന്യാസം ഞയസ്സ നിത്യസന്യാസി യോ നദ്വേഷ്ടി നക്ഷത്തി നിർദ്വന്തോഹി മഹാബാഹോ സുഖം ബന്ധ പ്രമുഖ്യത്തെ അർജുന ആരാണോ ആരെയും ദ്വേഷിക്കുന്നില്ല ആരോടും കൂടുതൽ സംഘബദ്ധനായി രാഗബദ്ധനായി ഭവിക്കുന്നുമില്ല അയാൾ നിത്യസന്യാസിയാണ് നിത്യസന്യാസി അടുക്കളയിലാവട്ടെ യുദ്ധക്കളത്തിലാവട്ടെ എവിടെയാവട്ടെ അയാൾ നിത്യസന്യാസി നിത്യസന്യാസി നദ്വേഷ്ടി ദ്വേഷിക്കുന്നില്ല നക്ഷതയും ഒരു കാമവുമില്ല എല്ലാം ഭഗവാൻ എന്തുകൊണ്ടാണ് അർജുന ബന്ധത്തിൽ നിന്നും മോചിക്കണമോ രണ്ടുണ്ടാവരുതും രണ്ടുണ്ടായാൽ ബന്ധം ച രണ്ടുണ്ടെങ്കിലല്ലേ ബന്ധമുള്ളൂ നിർദ്വന്തോഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുഖ്യത്തെ എളുപ്പത്തിൽ ഈ ലൗകിക ബന്ധം ഓ ഈ സംസാര ബന്ധമൊന്നും ഇനി സഹിക്കാനൊക്കെ ഇല്ല സാർ ഇനിയെങ്കിലും ഞാൻ ജനിക്കാതിരിക്കണമെങ്കിൽ അതൊന്നും പറ്റില്ല ഇതാ ഈ നിമിഷം ബന്ധമുപേക്ഷിക്കാൻ ഇവിടെ രണ്ടില്ല ഒന്നേ ഉള്ളൂ ഒരേ ഒരു ബ്രഹ്മം ഭഗവാൻ ഈശ്വരൻ ബോധം അതുമാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പാക്കൂ നിർദ്വന്തോഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുഖ്യത്തെ ബന്ധത്തിൽ നിന്നും ഇതൊക്കെ നമുക്കൊക്കെ ശീലിക്കാവുന്നതാണ് ശീലിക്കണം കുറേശീലിച്ചാൽ മതി പെട്ടെന്ന് ആ ഉറപ്പ് വന്നെന്ന് വരില്ല സാരമില്ല ഉറപ്പ് വരും എന്ന് തീർച്ചയായിട്ടും എനിക്ക് എനിക്ക് പറയാൻ കഴിയും കൃഷ്ണൻ പറയും പോലെ തന്നെ എനിക്കും പറയാൻ കഴിയും ശീലിക്കുക ശീലിക്കാൻ തീരുമാനിക്കുക ശീലിക്കാനേ തീരുമാനിക്കുന്നില്ല ഞാൻ ഒരുപാട് സപ്താഹം കേട്ടിട്ടുണ്ട് അന്ന് എൻ്റെ അടുത്ത് വന്ന കൊച്ചൻ പറഞ്ഞതുപോലെയാണ് അവിടെ ആൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ മന്ത്രദീക്ഷയൊക്കെ എടുത്തിട്ടുണ്ട് വളരെ സന്തോഷം എത്ര മന്ത്രശിക്ഷ വേണമെടുക്കൂ പക്ഷേ മനസ്സിൻ്റെ ഈ സമനില സന്യാസം ശീലിക്കുന്നുണ്ടോ ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി പിന്നെ ചോദ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് എൻ്റെ അടുത്തിരുന്നേ ഉള്ളൂ അദ്ദേഹം പോവുകയും ചെയ്തു അതുകൊണ്ട് ഈ ഗീതയൊക്കെ പഠിക്കുമ്പോൾ ഇതിലെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വ്യക്തമായി ധരിച്ച് യോഗം സന്യാസം രണ്ടും ഒന്ന് യോഗം മനസ്സിൻ്റെ സമന്നില്ല സന്യാസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനുഭവം ഉറപ്പുവരിക അതുതന്നെ മനസ്സിൻ്റെ സമന്നില്ല എം സന്യാസമിധിപ്രാഹു തം യോഗം വിധി പാണ്ഡവുക സന്യാസവും യോഗവും ഒന്ന് തന്നെ കുറേശ്യർച്ച് ഇതെല്ലാം ജീവിതത്തിൽ ശീലിച്ച് വാസ്തവത്തിൽ മനുഷ്യജീവിതം മരിക്കും മുമ്പേ ഞാൻ ധന്യനാണ് എന്തുകൊണ്ട് സത്യം എനിക്കേതാണ്ട് പിടികിട്ടി എന്ന് പറയാനുള്ള കരുത്ത് നമുക്കൊക്കെ ഉണ്ടാവും മാറാവട്ടെ നമസ്കാരം